ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാനും പറയാനും ഇമ്പമുള്ളതാണ് നിങ്ങൾ മാത്രമാണെന്ന് കരുതണ്ട ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പതിവായി സ്വീകരിക്കുമ്പോൾ സ്വീകരണത്തിന്റെ രീതി ഒന്ന് മാറിയാൽ വന്ന വണ്ടി എന്ന് താഴോട്ടിറങ്ങാതെ ആ വണ്ടി തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും അരുത് എന്നൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ സുഖമാണ് അപ്പോഴൊക്കെ സാക്ഷിത്വേന വർത്തിക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ കർമ്മത്തിലും നമ്മുടെ തന്നെ മറ്റൊരു രൂപം ഉണ്ടാകുന്നുണ്ട് കർത്തൃത്വം വഴിയെ അപ്പൊ കായവ്യൂഹം യോഗി ധരിക്കുന്നത് നമ്മളും ധരിക്കുന്നുണ്ട് അറിയാതെ എന്ന് ബോധ്യാവും ഭാര്യയുടെ അടുക്കൽ മകളുടെ അടുക്കൽ അമ്മയുടെ അടുക്കൽ അയൽ വക്കത്ത് ഒക്കെ പെരുമാറുമ്പോൾ പല രൂപം ധരിക്കേണ്ടി വരും മകളുടെ അടുക്കൽ അച്ഛനായി പോകുന്ന വ്യക്തി ആ സമയത്താണ് ഭാര്യ വരുന്നതെങ്കിൽ അച്ഛനായി ഒരിടത്തേക്ക് ഒരു കണ്ണുകൊണ്ട് നോക്കുകയും ഭർത്താവായി മറുകണ്ണുകൊണ്ട് ഭാര്യയെ നോക്കുകയും അതേ സമയത്ത് ആ നോട്ടത്തിൽ കൂടുതൽ സ്നേഹമുണ്ടോ എന്ന് അയൽവക്കത്ത് കുറെ കാലമായി സ്നേഹിച്ച് തനിക്ക് വേണ്ടുന്നതൊക്കെ തരുന്ന പൂർവസ്മരണകൾ ഉണരുന്ന ഒരു കാമുകി നോക്കിയാൽ ഈ രണ്ടുമല്ലൻ്റെ യഥാർത്ഥ നോട്ടം നീ മാത്രമാണെന്ന് നോക്കാതെ നോക്കിയും മനസ്സിലായില്ല ഒക്കെ കായവ്യൂഹരചന പോലെ നിങ്ങൾ ഈ കളിയൊക്കെ കളിക്കേണ്ടി വരുന്നു ചെറുപ്പക്കാർക്ക് അവസാനത്തതായി ഇഷ്ടപ്പെട്ടതെന്ന് തോന്നും പക്ഷെ ഇതിലൊക്കെ തല്ലുകൊള്ളാതിരിക്കുകയും വേണം ഇതിലേതിലും തല് നിശ്ചയമാണ് അപ്പോൾ നമ്മൾ അനേക കർമ്മങ്ങളിലാണ് വ്യാപരിക്കുന്നത് അതെല്ലാം കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ലോകമാണ് കർത്താവായി ഭോക്താവായി ജ്ഞാതാവായി സാക്ഷിയായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ അറിയുന്നവനാവും അതുകൊണ്ടാണ് കർത്താവായിരിക്കുമ്പോൾ അഹങ്കാരം വന്നു മറ്റുള്ളവരെയൊക്കെ തല്ലാൻ പോകുമ്പോൾ ഒരു നിലയാണ് ബസ്സിലേക്ക് കയറി നിങ്ങളുടെ കാലിലൊരാൾ ചെരിപ്പെട്ടി ചവിട്ടി നിങ്ങളാ ബസ്സിലുണ്ടാക്കുന്ന കാരണം നിങ്ങൾ അതിൻ്റെ ഭോക്കതാവായിത്തീർന്നപ്പോൾ മറ്റൊരാളിൻ്റെ കർത്തൃത്വത്തെ നിങ്ങൾ നേരിടുന്ന രീതി ആരെയെല്ലാം കൂട്ടി അയാളെ തല്ലിക്കാം എന്തെല്ലാം ബഹളം വെക്കാം നിങ്ങൾ കയറി നിങ്ങളുടെ ചെരിപ്പിട്ട് നിങ്ങളൊരാളെ ചവിട്ടി അപ്പോൾ സംഭാഷണം നോക്കുക ഇനി ഇത്ര പറയാനുണ്ടോ എന്നറിയാതെ സംഭവിച്ചതിന് ഇത്രയൊക്കെ ബഹളം എന്ന് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാലെ ചവിട്ടിയില്ല നിങ്ങൾ ചവിട്ടിയില്ല വേറൊരുത്തൻ്റെ കാലെ ചവിട്ടി അതിനു സമാധാനിപ്പിക്കുന്ന സാക്ഷിയായ ഇതിലേതാ നിങ്ങൾ അതോ ഇങ്ങനെയൊന്നുമില്ലേ ഇതിലേതാ നിങ്ങളുടെ രൂപം എല്ലാം നിങ്ങൾ തന്നെയാണ് അതിനൊരുപാട് ചിന്തിക്കണ്ടോ സുഭാഷ് മുരളിയായി മാറുകല്ല മുരളി സുഭാഷു ആകുക എല്ലാം സുഭാഷു തന്നെ സുഭാഷൊരു സംശയം ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പം ഇതിലേതാണെന്ന ഉത്തരം പറയണ്ടേ അതുകൊണ്ടാണ് യോഗവാസിഷ്ടവും മറ്റും പറയുന്നത് വളരെ ഭംഗിയായി മനഃതം കൃതം രാമാന ശരീരകൃതം കൃതം വാലിംഗ്യത അഹങ്കാരം അടിസ്ഥാനപ്പെടുത്തി മനസ്സടിസ്ഥാനപ്പെടുത്തി ഇതെല്ലാം വ്യത്യസ്തമാണ് ഒന്നല്ല ഇങ്ങനെ ഞാൻ ജ്ഞാതാവാണെന്നും കർത്താവാണെന്നും ഭോക്താവാണെന്നും ഉള്ള ഭാവം ഇല്ല അറിവിന് സകലതുമായി ഭാസിക്കുന്ന അറിവിന് ആത്മസത്യത്തിന് ഈ അഹന്തലേശം പോലും ഇല്ല യോഗിയുടെ അത്ഭുത സിദ്ധി പോലെയാണ് ആത്മാവി പലതായി ചേർന്ന് കളിക്കുന്നത് അത് തൻ്റെ തന്നെ മായ കൊണ്ട് സ്വന്തം മായയാൽ താൻമായയാൽ ഇവിടെ മായ എന്നത് സമഷ്ടിയിലാണ് അവിദ്യ എന്നത് ഇവിടെ മായ കൊണ്ടാണ് സമഷ്ടി മായ കൊണ്ടാണ് ഈ കളിയൊക്കെ നടക്കുന്നത് താൻ മായയാൽ വിവിധമായി വിഹരിക്കുന്നു യോഗി എപ്രകാരമാണോ യോഗാവസ്ഥയിൽ നിന്ന് ഇളകാതെ നിൽക്കുന്നത് അതുപോലെ അതേപോലെയാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ആ ബോധമുണ്ടായാൽ എൻ്റെ ആത്മാവ് നിശ്ചലവും നിത്യവുമായി നിൽക്കുന്നത് വാസനയാകുന്ന ജന്മജന്മാന്തര സംസ്കാരമാകുന്ന അജ്ഞാനം കൊണ്ട് ആകൃതിയും പ്രകൃതിയും ഭാവദികളും വന്ന് പലതായി ആടുകയാണ് ഞാൻ കേവലമായ ആത്മാവാണ് അതിൽ അഹങ്കൃതിയില്ല അഹങ്കാരം ലേശം പോലുമില്ലെന്ന് കഴിഞ്ഞ സ്രോകത്തി പറഞ്ഞു മനസ്സിലായില്ല ഇപ്പൊ അത് അഹങ്കാരമില്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നത് വാസന ആത്മാവിലെ അഹങ്കാരം ആത്മാവിൽ തെല്ലും അഹങ്കാരമില്ല യോഗി കായവ്യൂഹം ധരിച്ച് പലതായി നിലകൊള്ളുന്നത് പോലെ അത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു ഭാഗവതമാണ് നല്ലത് ഭാഗവതത്തിലുള്ളത് മറ്റൊന്നുമില്ല കാരണം കൃഷ്ണൻ്റെ ചരിത്രം പറയുന്ന പുസ്തകം ഹരിവംശമാണ് അതിലില്ല ഹരിവംശത്തിലുള്ളതല്ല നിങ്ങൾ കാണുന്ന രാധയൊന്നും ഹരിവംശത്തിലില്ല ഭാഗവതത്തിലുണ്ട് അതുകൊണ്ടാണ് ഭാഗവതം ഉദാഹരണമായി പറഞ്ഞത് അവിടെ കായവ്യൂഹം ധരിച്ചാണ് കൃഷ്ണൻ രാസമാടുന്നത് അല്ലാതെ ഒരേ കൃഷ്ണനല്ല ഒരേ കൃഷ്ണനായിരുന്നെങ്കിൽ ഗോപികമാർക്ക് ഇഷ്ടപ്പെടില്ല കാരണം വാസനയുടെ വ്യത്യാസത്തിനനുസരിച്ച് രൂപം ധരിച്ച കൃഷ്ണനാണ് ചെന്ന് ചേർന്നത് കൃഷ്ണസങ്കല്പത്തിനുള്ള വലിപ്പവും അതാണ് മീര പറയുന്ന പോലെ ലോകത്തെ ഇന്നോളം ഉണ്ടായിട്ടുള്ളതും മുഴുവൻ സ്ത്രീയായി മാറുന്ന പുരുഷനിലെയും സ്ത്രീയിലെയും സ്ത്രൈണചേതന ഉണരുന്ന എല്ലാ പുരുഷനിലും എല്ലാ സ്ത്രീയിലും സജീവമായിരിക്കുന്ന സ്ത്രൈണ ചേതനയുണർന്ന് പരിരംഭണം ചെയ്യുന്ന ആത്മബോധം തന്നെയാണ് കൃഷ്ണൻ അതാണ് വ്യാസൻ അവതരിപ്പിച്ച കൃഷ്ണചേതനയുടെ മഹനീയതയും അനശ്വരതയും ഏത് സ്വർഗമുതിരുന്ന ഘട്ടത്തിലാണ് വ്യാസചേതന ഇങ്ങനെ എഴുതിയതെന്ന് ഏതൊരാൾക്കും സംശയം തോന്നുന്ന വിധം അത്രയും ഭംഗിയായിട്ടാണ് ആ അവതരണം ഉള്ളൂർ പറഞ്ഞ പോലെ കൽതുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ ചൈതന്യം ചെയ്ത കാര്യങ്ങളൊക്കെയും ജഗന്മോഹന മോഹൻ ഇവിടെ ആ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുന്ന യോഗിക്ക് പുരാണപ്രസിദ്ധമായി പറയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണമായതുകൊണ്ടാണ് കൃഷ്ണനെ പറഞ്ഞു മറ്റുദാഹരണങ്ങൾ അറിയപ്പെടുന്നതില്ല അപ്പം അതുകൊണ്ട് നാമം രൂപം പ്രതിവിഷയം മാറാൻ കഴിവുള്ള അനന്തമായ വൈവിധ്യത്തോടുകൂടി കാണപ്പെടുന്ന രൂപഭാവങ്ങൾ മുഴുവൻ നമ്മളറിയാതെ അത് മുഴുവൻ കടന്നു പോകുന്നു ഒരു ദിവസം നേരം പുലർന്നാൽ ഒടുങ്ങുന്നതുവരെ നമ്മളിൽ ഉണ്ടായി നിലനിന്ന് നമ്മളിൽ മറഞ്ഞു പോകുന്ന ഭാവഭാവാദികൾ മുഴുവൻ മായയെ ഉപയോഗിച്ച് കായവ്യൂഹം ധരിച്ച് നമ്മൾ മാറുന്നതാണെന്ന് പറഞ്ഞാൽ സാക്ഷിയായി മാറി നിന്ന് നോക്കിയാൽ നമ്മോട് തന്നെ നമുക്ക് ഉച്ചവും വെറുപ്പും സ്നേഹവും പ്രിയവും ദ്വേഷവും രാഗവും ഒക്കെ തോന്നുമാറ് നമുക്ക് അനേക രൂപങ്ങളുണ്ടെന്ന് ബോധ്യാവും ചില കർമ്മങ്ങളിലേക്കൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞ് സ്വയം മാറി നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തിനായിരുന്നു ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് എന്തിൻ്റെ പുറപ്പാടായിരുന്നു വേറെ പണിയുണ്ടായിരുന്നില്ലേ ചിലർക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ അപഗ്രഹിക്കാൻ കഴിയുമ്പോഴാണ് അവർ മാറുന്നത് പരിണമിക്കുന്നത് ചിലർക്ക് ആരെങ്കിലും കണ്ടാൽ മാത്രമേ ഇതൊക്കെ തോന്നുകയുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്കൊന്ന് പരിണമിക്കും അടുത്തതൊരു പരിപാടി കണ്ടുപിടിക്കും ഇത് സൂത്രത്തിൽ ആരും കാണാതെ ചെയ്യണമെന്ന് തീരുമാനിക്കും അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരുത്തൻ ഗതികേടിനെ വന്ന് കണ്ടുപിടിക്കും അതാണ് ഗതികേട് വരുന്നത് നാട്ടുകാരും കാണേണ്ടെന്നോർത്താണ് ഗുരുവായൂർ പോയി റൂമൊക്കെ എടുത്ത് ഭക്തിയായിട്ടിരിക്കുന്നത് അപ്പോഴാണ് നിത്യശത്രു ഗുരുവായൂരെയൊക്കെ എഴുതുന്നില്ലെങ്കിൽ അവൻ സത്യത്തിൽ കണ്ടില്ലെങ്കിലും നമുക്ക് സംശയം തോന്നും അവൻ നമ്മളെ കണ്ടോ കൂടെയുള്ള ആളിനോട് പറഞ്ഞു കൊടുക്കും നിത്യശത്രുവാണ് ചെന്ന് ഈ വഴിക്ക് നിങ്ങൾ വിട്ടോ ഈ വഴിക്ക് ഞാൻ വിട്ടേക്കാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് അവൻ കണ്ടു സംശയമാണ് പിന്നെ അവൻ സംസാരിക്കുമ്പോഴൊക്കെ അവനോട് ചോദിക്കുന്നത് അവൻ കണ്ടോ എന്ന് തെളിവെടുക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോഴാണ് അവന് സംശയം വരുന്നത് പതിവില്ലാതെ ഇങ്ങനെ ചോദിക്കുന്നത് എന്താ എന്തോ പന്തികേടുണ്ട് എന്തോ ഒളിച്ചുകളി ഇതിനകത്തുണ്ട് എന്ന് അവന് തോന്നാനിട ഇങ്ങനെ എത്ര എത്ര രൂപങ്ങളാണ് ഞാനും നിങ്ങളും മാറി മാറി ആടുന്നത് ഒരു ജീവിതത്തിൽ എന്തെല്ലാം മാറി മാറി ആടി കായവ്യൂഹം ചമച്ചാലാണ് ഇതൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നത് ഈ നാടകം ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരുടെ നാടകം കാണാനാണ് സുഖം ഇത് മുഴുവൻ നാടകവും അല്ലേ ഇതിൻ്റെ സംവിധാനവും ഇതിൻ്റെ രചനയും ഇതിൻ്റെ ഉപകരണങ്ങളും ഇതിൻ്റെ വേഷഭൂഷാദികളും ഇതിലാടുന്നവനും ആടിക്കുന്നവനും എല്ലാം ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ നിത്യനിരന്തരമായ ഈ ആട്ടക്കളിയിൽ എന്നീ ആട്ടക്കളം മായ്ക്കും പഴയകാലത്തൊക്കെ കർണമൂലത്തിൽ നര വരുമ്പോൾ ഈ ആട്ടക്കളം മായുമെന്നൊന്ന് തിരിച്ചറിയും പറയുവോ ഏ ഏ നര വരുന്നുണ്ട് മറയ്ക്കുക മനസ്സിലായി അതിന് കാരണം എന്താ വെച്ചാൽ പല്ല് തേക്കാനുള്ള ബ്രഷ് തലയിലേക്ക് കൊണ്ടുപോകാം പല്ല് മുളയ്ക്കുന്നത് ഇപ്പം മുടിപ്പുറത്താണ് അതുകൊണ്ട് പറ്റിയതാണ് ഏ എന്താ ഏ തമ്മിലേണ്ട പറഞ്ഞു രഹസ്യം അല്ലെങ്കിൽ പറഞ്ഞു എല്ലാവരും കൂടെ കൂടി നിങ്ങൾ തന്നെ അതൊരു മര്യാദ അല്ലേ ആ മുടിയേൽ പല്ലുമുളയ്ക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണല്ലേ അപ്പൊ അതുകൊണ്ട് മുമ്പ് കർണമൂലത്തിലേക്ക് നരവരുമ്പോൾ രഘുവംശ രാജാക്കന്മാർ ഇത് തിരിച്ചറിയും മാതൃകാപരമായ അവർ ആരോഗ്യമുള്ള പുതിയ തലമുറയെ ഏൽപ്പിച്ചു മാറി നിന്ന് നോക്കും കാരണം അവർ ഈ കായവ്യൂഹം ചമച്ചുണ്ടാക്കിയ ലോകങ്ങളെ അറിയുന്നവരായതുകൊണ്ട് മക്കളെ വിളിച്ചു പറയും ഇതെല്ലാം ഒരു നാടകമാണ് ഇതിൽ സാക്ഷിയായിരിക്കുന്ന ആത്മാവ് കർത്തൃത്വ ഭോക്തൃത്വാദികളോട് കൂടിയ അജ്ഞാനത്തെ മായേ സമഷ്ടിമായയെ പുൽകി ഉപയോഗിക്കുന്ന കളി മാത്രമാണിത് അതുകൊണ്ട് കളിക്കുമ്പോൾ അറിയുക ഇത് കളിയാണ് പക്ഷെ കളി ഇപ്പോ കളിയല്ല കളിയൊക്കെ ഇപ്പൊ പ്രൊഫഷണലാണ് ശരിയല്ല പണ്ട് ക്രിക്കറ്റ് കളിച്ചാൽ അത് കളിയായിരുന്നു ഇപ്പൊ കളിയല്ല കാശിന് കളിക്കുകയാണ് അതുകൊണ്ടാണ് ജയിലും വഴക്കുമൊക്കെ ആയിട്ട് പോകുന്നത് ഇപ്പൊ ഓടാൻ പോയാൽ കളിയല്ല അതുകൊണ്ടാണ് ഡ്രഗ് അടിക്കുന്നത് കൂടലോടാൻ അതുകൊണ്ടാണ് അർജുന അവാർഡിന് കളിക്കാൻ പോയതാണെങ്കിൽ അവാർഡിന് കളി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യം കളിച്ചിട്ട് വന്നവൻ കളി കഴിഞ്ഞു സ്വസ്ഥമായിരുന്നു കളി കണ്ടവൻ ആനന്ദിച്ചു ഇന്ന് കളിയില്ല കളിയൊക്കെ കാര്യമാണ് കാര്യമൊക്കെ കളിയാണ് അതാണ് നമുക്ക് മാറിപ്പോയത് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയൊരു മെച്ചം നമ്മുടെ കാര്യമായിരുന്നതൊക്കെ കളിയായി ഒരു ഉത്തരവാദിത്തമുള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞേ ജോലിസ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുന്നവനോട് പറഞ്ഞേ അത് ഇത്ര മണിക്ക് വേണ്ടതാ ഫയൽ അവൻ കളിയായി കിട്ടുന്നത് ഓ അങ്ങനങ്ങ പറഞ്ഞു ഇത്ര മണിക്കൊങ്ങ് തരാൻ പറ്റുമോ ചായ കുടിക്കാൻ പോകണ്ടേ കാര്യമെല്ലാം കളിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും ഒക്കെ ഇപ്പം കളി സ്ഥലമാണ് ആരൊക്കെ കയറി കളിക്കുന്നു കാണുമ്പോഴാണ് ഈ കളി ഭയാനകമാകുന്നത് രാവിലെ മോലിങ്ങനെ നിങ്ങള് മസിൽ പിടിച്ചായിരുന്നു സ്വാമി അല്പം പോലും രാഷ്ട്രീയ ഈ വർഷം പറഞ്ഞില്ലല്ലോ അതിന്റെ കുറവ് തീർന്നു കൊടുത്ത് വിചാരിച്ച അപ്പോ കളി എല്ലാം കാര്യമായി മറ്റേ പഴയ ആളുകൾക്ക് അങ്ങനെയല്ല അവർക്കറിയത് ആത്മാവിൻ്റെ കളിയാണ് കായവ്യൂഹം ധരിച്ച് ഓരോ വേഷം കിട്ടിയ ആ സ്റ്റേജിൽ നിൽക്കുമ്പം മാത്രമാണ് ആട്ടം ഗംഭീരമാക്കേണ്ടത് അത് കണ്ട് ആ കളിയിൽ പെടാത്ത അപ്പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ കാണുന്നവർ അവനെ നോക്കിയിട്ട് പറയും ചുമ്മാ ചുമ്മാ ഇത് നമ്മുടെ ഒരു കളിയാണ് ഇതിന് ഇത്ര വലിയ സീരിയസ്നസ്സൊന്നുമില്ല ഭാര്യയോട് ചൂടാവുമ്പോൾ അച്ഛൻ ചൂടാകുന്നല്ലോ എന്നു ചരിച്ചാണ് മകൾ വരുന്നതെങ്കിൽ മകളെ നോക്കി പതുക്കെ കണ്ണടച്ച് കാണിച്ചിട്ട് പറയും വെറുതെ വരട്ടാം നീ പേടിക്കുന്നു മേഡം നീ നീ പരീക്ഷിക്കുവോ നീ ഇതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട നീ പരീക്ഷിക്കുവോ മകളോട് അവളുടെ സ്നേഹത്തിനെതിരെയൊക്കെ ചൂടായി വേർപ്പിച്ചൊക്കെ പറയുമ്പോഴേക്ക് അച്ഛൻ്റെ ആ ഉത്തരവാദിത്വമൊക്കെ പറയുമ്പോൾ ഭാര്യയോട് പറയും ചുമ്മാ പൊക്കോട്ടറി നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താലും ഇത്രയും കേമനൊന്നും ആയിക്കൊള്ളണം എന്നല്ല അവിടെ പോയി കല്യാണം കഴിച്ചു എന്ന് വെച്ചു ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ നമ്മളൊന്നും ചൂടായി കാണിച്ചില്ലേ നാട്ടുകാരെന്തു പറയും മനസ്സിലായില്ല കാരണം ഒരു രണ്ട് വറപ്പിക്കലും രണ്ട് ചൂടായാലും കത്തിച്ച് കളയും എന്ന് പറയലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കത്തിച്ചുമില്ല ചൂടായുമില്ല ഒന്നുമില്ല സുഖമായിരിക്കുന്നു കാരണം അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ സ്വന്തം ജാതി എന്ത് പറയും ജാതിക്കാർ വിണങ്ങിപ്പോകൂല്ലേ സ്വന്തം മതക്കാരെന്ത് പറയും അപ്പം അവരെയൊക്കെ കാണിക്കാനൊരു ബഹളമൊക്കെ കാണിച്ച് സ്വസ്ഥമായിരുന്നു കുറേ കഴിഞ്ഞ് ആരും കാണാത്ത സമയം നോക്കിപ്പോയി അവളോട് പറഞ്ഞ് നീ എന്തൊക്കെയായാലും എൻ്റെ മകളാണ് തരാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പോരുന്ന വഴിക്ക് ഗോപാലൻ മാത്രം കണ്ടു ഗോപാലം പിടിച്ചു നിർത്തി എടാ അവക്ക് ഞാൻ അച്ഛനല്ലെന്ന് തോന്നിയാലും ഞാൻ അച്ഛനല്ലാതാവൂടാ പോണ്ടേ എന്ന് ഗോപാലനെ പറഞ്ഞ് സമ്മാനിപ്പിച്ചു ഗോപാലൻ ചെന്ന് പറഞ്ഞ് ജാതിയുടെ സംഘടനയുടെ നേതാവും ഒക്കെ കൂടെ ഒന്നവ പറഞ്ഞു ഒരബദ്ധം ചെയ്തു പോയി പൊറുക്കണം ഇനി പോകില്ല അടുത്ത ആഴ്ച വീണ്ടും പോകും കാരണം ഇതൊക്കെയാണ് മനുഷ്യവേഷം നിങ്ങളിങ്ങനെയൊന്നും അല്ലല്ലോ ഏ ഏ നിങ്ങളിങ്ങനെയൊന്നും പെടുകയല്ല ഏ ഏശരി നിങ്ങളിതിലൊന്നും പെടുന്ന കാര്യമില്ല ഇതാണ് ഈ ലോകം ഏ പഴയ ആളുകൾ ഇത്രയും സിമ്പിളായിട്ട് കളിച്ചു നിങ്ങൾ പറ്റിയ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനർത്ഥങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അവിടെയാണ് അല്ല അവർ മായയെ അറിഞ്ഞ് കളിച്ചു അവർ വേഷം കെട്ടുകയാണെന്ന് അറിഞ്ഞ് കെട്ടി അവരമ്മയെ കണ്ട അമ്മയോട് സമാധാനമൊക്കെ പറഞ്ഞു അല്ലെങ്കിലും അവളൊരു പോക്രിയ അമ്മ സമാനമായിട്ടിരുന്നു കാരണം ചെന്നു മുട്ടുവൊന്നും വേണ്ട കുടുംബത്തിനായ നാണക്കേടാണ് അവൾ വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ അമ്മയും ഞാനും കൂടെ അകത്തു പോവും അതുകൊണ്ട് അമ്മ ചൂടാകുമെന്നും വേണ്ടെന്ന് അമ്മയോട് പറഞ്ഞു അവളോട് പറഞ്ഞു അമ്മയുടെ സ്വഭാവം നിനക്കറിയാൻ വയ്യിട്ടാണ് കുറച്ച് മര്യാദയ്ക്ക് ഒക്കെ വന്നില്ലെങ്കിൽ സംഗതി പെശകാണെന്ന് പറഞ്ഞ് അവള് കൊടുത്ത ചായയും കുടിച്ചു അമ്മ കൊടുത്ത ചായയും കുടിച്ചു അപ്പൊ കുടിക്കുമ്പോ അവനറിയാം അമ്മ തന്ന ചായ കുടിച്ചത് മകനാണെന്ന് ഭാര്യ തന്ന ചായ കുടിച്ചത് ഭർത്താവാണെന്നും ഭാര്യ ഭർത്താവും മകനും രണ്ടാണെന്നും രണ്ടു വേഷവും കെട്ടാൻ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിയുക്തനാണെന്നും അമ്മ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭർത്താവ് മാത്രമായി ഞാൻ മാറുകയുള്ളൂ എന്നും ഭാര്യ മരിച്ചാൽ മാത്രമേ മകനായി തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂന്നു രണ്ടും അതുകൊണ്ടിപ്പോൾ സംഭവിക്കേണ്ടെന്നും രണ്ടിലേതെങ്കിലും സംഭവിച്ചാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവും മരിച്ചു പോവും മകൻ അമ്മ മരിച്ചാൽ മകനും മരിച്ചു രണ്ടുമെൻ്റെ വേഷത്തിൽ ആവശ്യമാണെന്നും അറിയുമ്പോൾ രണ്ടു വേഷവും ഭംഗിയായി കൊണ്ടുപോകും ഇത് ഈ രണ്ടു പേരുടെയും തല്ലുവാൻ മനസ്സിലല്ലേ ഇവിടുന്ന് കാല് മടക്കി കിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒട്ടിയല്ല അവിടെ ഒട്ടി അല്ല കൈ ചുരുട്ടി രണ്ട് കിക്ക് തരുമ്പോ ഇവിടെ വരും ഇടികൊള്ളുന്ന കാണുമ്പോ രണ്ടുപേരും കരാട്ടെ ബ്ലാക്ക് വെൽറ്റും കഴിഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് വെല്ലുമ്മയാണെങ്കിലും നാവിന്റെ മസിൽ ഭയങ്കരമാണ് വെല്ലുമ്മയുടെ കയ്യലെ മസിലൊക്കെ പോയി പക്ഷെ ഇപ്പൊ നാവിൻ്റെ ഏട്ടത്ത് മസിലാണ് അല്ലേ ശരിയല്ലേ തന്റെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം ആ ചെറുപ്പശ്ശേരി എന്നടിച്ചാൽ കിക്ക് വന്നാൽ എറണാകുളത്ത് വേണം ചെന്ന് പോകാൻ അപ്പൊ വളരെ കഷ്ടമാണ് അപ്പൊ ഈ കായവ്യൂഹം ധരിച്ചാണ് ജീവൻ ഈ കളിയൊക്കെ അത് നാമം പ്രതിഭ വിഷയലോകങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ഇവയിലൊക്കെ മാറി മാറി കേളിയാടുക അപ്പോഴൊക്കെ എങ്ങനെയാണ് യോഗസ്ഥനായി നിൽക്കുക സ്വസ്ഥാനത്ത് നിന്നിളകാതെ അങ്ങനെ യോഗി നിൽക്കുന്ന പോലെയാണ് ഇത് എന്ന് പറയുക അടുത്തത് അതിനനുഭവിക്കാമെങ്കിൽ എളുപ്പമായി ശ്ലോകം വരെ നമ്മൾ ബാഹ്യങ്ങളായ വിഷയങ്ങളെയാണ് കണ്ടത് അതിനെ കണ്ടിട്ട് രണ്ടുണ്ട് ബാഹ്യമാവുമ്പോൾ ബാഹ്യവും ആഭ്യന്തരവും അതിലെ ബാഹ്യ വിഷയങ്ങളായ ദ്വൈത സംഭവങ്ങളെയെല്ലാം നിഷേധിക്കുക അതാണ് വളരെ സൗമ്യമായി ഇതുവരെ ചെയ്തത് ഗുരുദേവൻ പതിനാറാമത്തെ ശ്ലോകം വരെ അല്പം പോലും ചലിക്കാതെ നിൽക്കുന്ന ആത്മാവിനെ ബോധ്യപ്പെടുത്തുകയും മായാപൂർവമായി ഇളകുന്ന വിഷയലോകങ്ങളെ കാട്ടിത്തരുകയും അതിൻ്റെ നിഷേധം ാഹ്യാർത്ഥവാദങ്ങളായ ദ്വൈതങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും അവിടെ സാമാന്യം വിശേഷം ഇവയായി പിരിച്ച് കാണിച്ച് സാമാന്യവും വിശേഷവുമായി നാമരൂപാത്മകമായി എങ്ങനെയാണ് ആത്മാവ് കായവ്യൂഹം ധരിച്ച് പലതായി കേളിയാടുന്നതെന്ന വിശേഷജ്ഞാനവും ആത്മാവിൻ്റെ സാമാന്യജ്ഞാനവും കാണിച്ച് വിശേഷാത്മകമായ ആ അജ്ഞാനം അപവധിച്ച് ്രഹ്മവിദ്യാപ്രാപ്തി അഥവാ ആത്യന്തിക ദുഃഖ നിവൃത്തി അഥവാ പരമസുഖപ്രാപ്തി അഥവാ മോക്ഷം അതിൻ്റെ ഫലവും അതിൻ്റെ അനുസന്ധാനവും ആണ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ശ്ലോകങ്ങൾ പതിനേഴ് പതിനാറ് വര ശ്ലോകങ്ങളെ പതിനാറാം ശ്ലോകം ഉൾപ്പെടെ പതിനാറ് വര ശ്ലോകങ്ങളെ പതിനാറ് ശ്ലോകങ്ങളെ ഇതിൻ്റെ സിദ്ധാന്തം എന്ന് വിളിക്കാം ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലുമൊക്കെ നിങ്ങൾ പ്യുവർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള അറിവ് ഇനിയുള്ള മൂന്ന് ശ്ലോകങ്ങളെ പ്രയോഗമല്ലെങ്കിൽ അപ്ലൈഡ് എന്ന് വിളിക്കാം അതിൻ്റെ അനുസന്ധാന പദ്ധതി അദ്വൈത അനുഭവം തുടക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നു ഒരു ഉദാഹരണം കാമ്യകർമ്മങ്ങളെ ചെയ്ത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഏ കാമ്യകർമ്മങ്ങളെ ഒന്നും ആദ്യം പോയി വലിച്ചെറിയരുത് ഇപ്പോഴും കാമ്യകർമ്മങ്ങൾക്കുള്ള വാസന കിടക്കുന്നെങ്കിൽ ഉൾപ്പെട്ടു പോയത് കണ്ടത് നിർമ്മലാനന്ദഗിരി സ്വാമിയെയാണ് അദ്ദേഹത്തിന് എന്ത് തോന്നും അതുകൊണ്ട് കാമ്യമൊന്നും ചെയ്യരുത് എന്ന് സ്വാമിമാർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കരുത് സ്വാമിമാരെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കെല്ലാം ഒരു പ്രാന്തളക്ക് ഉടനെ കളയാവും അങ്ങനൊന്നും ചെയ്യരുത് എന്താ പരസ്പരം കുറേ കാലം അങ്ങനെ നടന്നൂല്ലേ ഏ കുറച്ചുകാലം നടന്നിട്ട് ഇപ്പം ഉഭയഭ്രഷ്ടനായി പതിനൊന്നും ഇടയാക്കരുത് നേരത്തെ നല്ല പ്രായത്തിലേക്ക് പോവാൻ കഴിയുക വയസ്സായി കഴിഞ്ഞു ആകരുത് കാരണം ഒരു കാര്യം ചെയ്യുവാൻ അതിന് വേണ്ടുന്ന എല്ലാം ഉള്ളപ്പ് വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി കഴിഞ്ഞിട്ട് ചിറകെട്ടാൻ പോകും ചെല്ലരുത് അങ്ങനെ കെട്ടരുത് യാദൃച്ഛികമായി സന്യാസത്തിലെത്തുന്നവരുണ്ട് തീരുമാനിച്ചെത്തുന്നവരുണ്ട് ചില ഗുരുക്കന്മാർ നിർബന്ധിച്ചെത്തുന്നവരുണ്ട് അറിഞ്ഞെത്തുന്നവരുണ്ട് അവസാനത്തേതാണ് അവസാനത്തതാണ് അവസാനത്തേതാണ് നല്ലത് ശരിയും തെറ്റ് നമുക്ക് തീരുമാനിക്കാനാവില്ല ശരിയെല്ലാം ശരിയാണ് അല്ലെങ്കിൽ എല്ലാം തെറ്റാണ് ശരിയും തെറ്റുമൊക്കെ അപേക്ഷിക്ക നല്ലതാണ് യാദൃച്ഛികമായി എത്തുന്നത് ഒരാസമ്മതി ചെന്നു ഭാര്യയൊക്കെ അവിടെയുണ്ട് വീട്ടിൽ കുറച്ച് ദുഃഖമൊക്കെ ഉണ്ട് ഭാര്യ ശമ്പളക്കാരിയാണ് ഭർത്താവ് ശമ്പളം കുറച്ച് കുറവുള്ള ആളാണ് ഇടയ്ക്കൊക്കെ വഴക്കു കുറയും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഒരു വലിയ കോടാനുകൂടി സ്വത്തുള്ളൊരു ആശ്രമത്തിലേക്ക് എല്ലാം അവിടെ ചെന്നു രണ്ടൂന്ന് ദിവസം താമസിക്കാൻ വടക്കേണ്ടിയേ പോയ കൂട്ടത്തിൽ അവിടെ കയറിയതാണ് അവിടെ കയറി അപ്പോൾ രണ്ടുമൂന്ന് ദിവസം താമസിക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ സ്വാമിമാരെയൊക്കെ ഇഷ്ടമായി ശിഷ്യഗണങ്ങളെയൊക്കെ ഇഷ്ടമായി അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഇപ്പോൾ അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരല്പനുസരണയൊക്കെ കാണിക്കാൻ തുടങ്ങി മഠാധിപതിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരാളെ കിട്ടിയിട്ട് വേണം സമാധിയാകൻ മനസ്സിലായില്ല അദ്ദേഹം സമാധി ആകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് നിങ്ങളവിടെ ചെന്നിരിക്കുന്നത് അവ പിടിച്ചു കാവ്യമൊക്കെ നിർബന്ധമായിട്ട് തന്നു എൻ്റെ മഠാധിപതിയായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു എന്നെ അങ്ങ് സമാധി ഇരുത്തിയേക്ക് ഗംഗയിലേക്കെന്ന് പറഞ്ഞു അങ്ങ് തീർന്നു പറഞ്ഞ മനസ്സിലായില്ല ഇത് യാതൃച്ഛികം ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയതാണ് പിന്നെ നാട്ടിലേക്ക് കത്തയക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഭാര്യ മാത്രമല്ല ഇനി ഭാര്യയുടെ ചീത്തയും കേൾക്കേണ്ടല്ലോ സമാധാനായി പിന്നെ പഠിച്ച് പതുക്കെ ശാസ്ത്രമൊക്കെ പഠിച്ച് പതുക്കെ കയറി വരും ആവേശമൊന്നുമില്ല ഇതിനകത്ത് ആവേശമൊന്നുമില്ല യാദൃക്ഷികമായിട്ട് അവിടെ ആകപ്പെടെ രണ്ടു ദിവസം പുല്ല് പറിച്ചതോ മറ്റേ കണ്ടപ്പോൾ ഗുരുവിന് ഇഷ്ടമായി അത് ഗുരു സങ്കല്പത്തിലും യാദൃക്ഷികവുമായതാണ് അതിലൂടെ പിന്നെ പിടിച്ച് പോകുന്നവരുണ്ട് പിടിച്ച് കയറാതെ അവിടെയുള്ളതെല്ലാം അടിച്ച് പൊളിച്ച് വിറ്റ് പെറുക്കി നാട്ടിലേക്ക് പോരുന്നവരുണ്ട് എല്ലാവിധമുണ്ട് അതുകൊണ്ട് ഞാൻ ശരിയും തെറ്റും പറയുന്നില്ല എൻ്റെ സംഭാഷണത്തിലൊന്നും ശരി തെറ്റുകളില്ല എനിക്കെല്ലാം ശരിയാണ് ചിലത് താഴ്ന്ന ശരിയും ചിലത് ഉയർന്ന ശരിയും നിങ്ങളുടെ മാനസികാവസ്ഥയിലെ താഴ്ന്ന അവസ്ഥയിൽ കാണിക്കുന്നതെല്ലാം താഴ്ന്ന ശരിയാണ് ശരിയായതുകൊണ്ടാണ് കാണിച്ചത് വെള്ളമടിച്ചാലും മനസ്സിലായില്ല അടിച്ചില്ലേ ശരിയാണ് സത്യമാണ് പക്ഷെ കുറച്ചുകൂടി ഉയർന്ന മാനസികാവസ്ഥയിൽ അടിക്കരുതായിരുന്നു അത് കുറച്ചുകൂടി ഉയർന്നാൽ ശരിയാണ് ക്ലിയറാകുമെന്നറിയില്ല ഏ ഇങ്ങനെയാണ് ഞാൻ ലോകത്തെ കാണുന്നത് നിങ്ങൾ കാണുന്ന പോലൊരു കാഴ്ച എനിക്കില്ല അതുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു വന്നു പറഞ്ഞു താഴ്ന്ന ശരിയാണ് കുറച്ചുകൂടി ഉയർന്ന ശരിക്ക് ശ്രമിച്ചു നോക്കുക ഇങ്ങനെ മനുഷ്യൻ സഞ്ചരിക്കുന്നതെല്ലാം താഴ്ന്ന ശരികളിൽ നിന്ന് ഉയർന്ന ശരികളിലേക്കാണ് തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് യാത്രയില്ല അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ശരി അതിനൊന്നും ഒരു പാവവുമില്ല കാരണം നിങ്ങൾ എന്നെ ഒന്നും കണ്ടില്ലേ എന്നിട്ട് നിങ്ങൾ ഭാവികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ഭാവി ആയിരിക്കണം മനസ്സിലായില്ല ഇതാണ് എൻ്റെ കൺസെപ്റ്റ് ഇത് വളരെ ലളിതവും വളരെ എളുപ്പമുള്ളത് നിങ്ങൾ എന്ത് കാണിച്ചിട്ട് വന്നവരായിക്കോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ ലോകത്തെ കാണുന്നത് അങ്ങനെ കാണുന്നതിനൊരു വല്ലാത്ത വല്ലാത്ത രസമാണ് രസം അതിലേ രസമുള്ളൂ ക്ലിയർ ഏ അതുകൊണ്ട് ലോകത്ത് ഏത് കാര്യത്തിന് പോകുമ്പോഴും മറ്റൊന്നിനെ ചാടിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് ക്രമമായൊരറിവുണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് കാമ്യകർമ്മങ്ങളെ നിങ്ങൾ മറന്നുപോയി ഞാൻ ഏത് പറഞ്ഞപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രയോഗം പറയുമ്പോൾ കാമ്യകർമ്മങ്ങളെ ചെയ്യണം മറക്കരുത് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞാൽ ഈ ക്ലാസ് തുടങ്ങിയേ മനസ്സിലായി അത് വേദവിധി അനുസരിച്ച് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ വേദങ്ങളിൽ നിങ്ങൾക്ക് സംശയമുളവാകും ആ സംശയം തീരാൻ അന്ധക്കരണം വിശുദ്ധമാകണം അപ്പോൾ സ്വാഭാവികമായി വാസന കുറഞ്ഞ് സ്വേച്ഛ പരേച്ഛയിലേക്കോ അനിച്ചയിലേക്കോ മെല്ലെ മാറും അതിനനുഗുണമായി നിങ്ങളുടെ അത്യാസം കുറയും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന സ്ഥൂല ശരീരത്തിൻ്റെ അത്യാസം സ്ഥൂലമായതല്ല വർജിക്കാൻ പ്രയാസം സൂക്ഷ്മമായതാണ് ഭാരതീയർ പൗരാണികരുടെ മെച്ചം അവർ സൂക്ഷ്മമായത് വർജിക്കാനാണ് ശ്രമിച്ചത് സങ്കൽപ്പങ്ങളെയും കാമങ്ങളെയും വർജിച്ചാൽ കർമ്മം എരിഞ്ഞടങ്ങും കർമ്മത്തെ വർജിച്ചാൽ വാസനകൾ പെരുകും മനസ്സിലായോ ഈ പണി എന്നറിയില്ല അതാ ഗീതയൊക്കെ അങ്ങനെ പറഞ്ഞത് ക കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തയെ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥൻ വിമൂഢാത്മാമിഥ്യാചാരെ ർജുന കർമ്മേന്ദ്രിയോഗ്യ കാരണം ഇതാണ് സ്ഥൂലത്തിലല്ല പ്രശ്നം ഇരിക്കുന്നത് സൂക്ഷ്മ സങ്കല്പങ്ങളിൽ സങ്കല്പമാണ് കൃത്യമാക്കേണ്ടത് കർമ്മമല്ല സങ്കൽപ്പപ്രഭവമാണ് വിശ്വം അങ്ങനെ അന്ധക്കരണം വിശുദ്ധമായി സങ്കൽപ്പം വിശുദ്ധമായി തീർന്നാൽ കർത്തൃത്വവും ഭോക്തൃത്വവും മാറി നിഷ്കാമകർമ്മയോഗമാവും കുറെ കർമ്മവും പയ്യെ അടങ്ങുമ്പോൾ അന്ധക്കരണത്തിൽ ഭഗവത് ചൈതന്യം വിളയാടാൻ തുടങ്ങും അതിൻ്റെ അനുഭൂതി അറിവായി വരുമ്പോൾ അവിടെ നിർത്തരുത് അവിടെയാണ് ബ്രഹ്മമീമാംസയുടെ ആവശ്യം വരുന്നത് മീമാംസ്യമായി അപ്പോൾ അനുഷ്ഠിച്ചാൽ ഈശ്വര അനുഭവമുണ്ടാവും ആത്മാഅ അനുഭവം ഉണ്ടാവും ആത്മാനുഭവം ലഭിക്കുന്നതുവരെ ശാന്തി ഉണ്ടാവില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ആ ആത്മാനുഭവത്തിലേക്കാണ് ദീപിക വെളിച്ചം വീശു അവിടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളുടെ അതിദേവതകളും മനസ്സും എല്ലാം വണങ്ങി സ്വയം പ്രകാശ പരമാത്മവിഭൂതിയെ കണ്ടു നിൽക്കും അതാണ് ആനന്ദം ല്ല തന്നിൽ അതുവരെ ചന്ദനം തൊടുന്നതും ഭസ്മം തൊടുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ അപ്പോൾ ഒരു തൊടിയിൽ തൊട്ടാൽ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് ആകമാലരിട്ട് അക്ഷമാറി നിലകൊള്ളുന്നൊരു നിപ്പുണ്ട് നാരായണ ഗുരുദേവന്റെ തന്നെയാണ് ശ്ലോകം അപ്പോഴാണ് ഈ വിശ്വമാകെ ഭസ്മീകരിച്ച് നല്ല കുമ്മാട്ടി കുമ്പളങ്ങിയ പോലെ മുഴുവൻ ഭസ്മമായി പൂശി എവിടുത്തെ ചൊടലയിലെ തൻ്റെ വാസനാചാലങ്ങളുടെയും സങ്കല്പങ്ങളുടെയും സമസ്ത സ്വപ്നങ്ങളുടെയും സമസ്ത കേളികളുടെയും ഭാഗധേയങ്ങൾ അത്രയും കത്തിച്ച് ചാമ്പലാക്കി ആ ചാമ്പലിലെ ഭസ്മവും പൂശി ഭൈരവനും ഭൈരവിയും കൂടി ആടുന്ന നൃത്തം ആനന്ദ നടനം അത് കാണണം അടങ്ങാതെ അന്തിക്ക് അങ് അലശര രിഭുസ്വാമി നടനം നടത്തുമ്പോൾ സരസമത കൊണ്ടാടുമവനെ കൊടുങ്ങല്ലൂരമ്മയെ കുശലമടിയങ്ങൾക്കുതരണേ മൂലത്തിലിരിക്കുന്ന കൊടുങ്ങല്ലൂരമ്മ സർവാതിരിക്തമായ സഹസ്രാരത്തിൽ ആനന്ദനടനമാടുന്ന ആനന്ദഭൈരവൻ്റെ അടുക്കലേക്ക് പടിയാറും കടന്നെത്തി ആനന്ദനൃത്തവും ലാസ്യവുമാടുന്ന അനുഭൂതി ബ്രഹ്മമീമാംസ കൊണ്ടേ ആ അനുഭൂതിയുടെ അവാച്യസുന്ദരങ്ങളായ തലങ്ങളാണ് മൂന്ന് ശ്ലോകങ്ങളിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് സിദ്ധാന്തം മാത്രമല്ല പ്രയോഗവുമാണ് അതുകൊണ്ട് ആ മൂന്ന് ശ്ലോകങ്ങൾ എടുക്കണ്ട എന്നാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എങ്കിലും ഗുരുദേവൻ പറഞ്ഞ ആശയം ഒന്ന് പറഞ്ഞു വിട്ടേക്കാം അജ്ഞാനസംശയ വിപര്യമാത്മതത്വം ിജ്ഞാസുവിന് സർപ്പ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറുകൺകിളിതില്ലതെല്ലും അജ്ഞാനസംശയവിപര്യ മാത്മതത്വജിജ്ഞാസുവിന് ദൃഢബോധന സർപ്പ്രതീതി ഭണിയോ കയറോയിതെന്ന തർക്കം ഭ്രമം കയറുകണ്ടിലിതില്ലും അജ്ഞാനം സംശയം വിപര്യം ആത്മതത്വ ജിജ്ഞാസുവിന് ഗദ്യമായിട്ട് ചുമ്മാ എഴുതി നോക്കുക ആത്മതത്വ ജിജ്ഞാസുവിനാണ് അജ്ഞാനവും സംശയവും വിപര്യവും ഇതില്ല തെല്ലുമില്ല അല്പം പോലുമില്ല സർപ്പപ്രതീതി ഭണിയോ കയറോ ഇതെന്ന തർക്കം ഭ്രമം കയറ് കണ്ടാൽ പിന്നെ ഇല്ല ആത്മബോധമുദിച്ചു കഴിഞ്ഞാൽ സംശയവും വിപര്യവും വികല്പവും ഒന്നുമില്ല അജ്ഞാനത്തിൽ നിന്നുടലെടുക്കുന്നതാണ് സംശയം അജ്ഞാനത്തിൽ നിന്നുടലെടുക്കുന്നതാണ് വിപര്യം തെറ്റായ അറിവ് ഒന്ന് വേറൊന്നാണെന്ന് തോന്നുക സംശയം വിപര്യം മുതലായതെല്ലാം അജ്ഞാനത്തിൻ്റെ സന്തതിയാണ് ആത്മതത്വമറിയാൻ ജിജ്ഞാസയുളവാകുമ്പോഴാണ് സംശയവും വിപരിയവും നമ്മൾ ഗീതയിൽ കണ്ടു തുടക്കത്തിൽ ശ്ലോകം ഓർക്കുന്നു അമ്പത്തിരണ്ടും അമ്പത്തി മൂന്നും മറന്നുപോയി ഏ രണ്ടാം അദ്ധ്യായം അമ്പത്തിരണ്ടും അമ്പത്തി മൂന്നും ശ്ലോകം ശ്ലോകം ശ്ലോകം രണ്ടാം അധ്യായം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് കണ്ടില്ല ആ യഥാർത്ഥ മോഹകലിലം ആ കൊണ്ട് എന്താ സംഭവിച്ചത് അമ്പത്തി മൂന്നാം ശ്ലോകം ഏ ശ്രുതി സംശയം ശ്രുതി പഠിക്കുമ്പോ ഈ സംശയമൊക്കെ വരും നല്ല ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇപ്പൊ വരില്ല കാരണം ഇപ്പം വേദാന്തം ബി എക്കും എം എയ്ക്കും ഒക്കെ പരീക്ഷ എഴുതാനുള്ളതാണ് മറ്റങ്ങനെയല്ല ഗുരുക്കന്മാരിന്ന് ശ്രദ്ധാപൂർവം പഠിപ്പിക്കുമ്പോ അതും കുട്ടിക്കാലത്ത് പഠിക്കുകയായിരുന്നു ഭേദം പഠിക്കുന്നൊക്കെ ആറേഴ് വയസ്സിലാണ് വാസനയൊക്കെ സുപ്തമായി കിടക്കുമ്പോൾ അതൊക്കെ ഇങ്ങ് പ്രബലമാകാൻ തുടങ്ങുന്നതിന് മുമ്പ് വാസനയെല്ലാം പ്രബലമായി ഇങ്ങ് വന്ന് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീരാധ്യാസവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മശരീര താതാത്മ്യാധ്യാസവും ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധ കാരണശരീര ദാതാത്മ്യാധ്യാസവും ഒക്കെ പ്രബലമായി കഴിഞ്ഞാൽ പിന്നെ വേദവൈദിക പഠനങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾക്കിടയിലേ പഠിക്കാൻ പറ്റൂ ഇപ്പം കുട്ടികൾക്കും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുട്ടികൾക്കും അല്ലാതെ തിരക്കായിപ്പോൾ ശരിയല്ല പഠിക്കാനുള്ള തിരക്കൊന്നും അല്ല എന്ത് പഠിക്കാൻ പഠിക്കാൻ തിരക്കെന്ന് പറഞ്ഞൊരു സാധനയില്ല പഠിക്കാൻ ബുദ്ധി ഏകാഗ്രമായി നിൽക്കുമെങ്കിൽ അത് നോക്കുക ഒരാചാര്യൻ ചൊല്ലി വിശദീകരിച്ചു കൊടുക്കുക ബ്രെയിനിൽ ഗ്രഹിക്കുക ഇത്രയേ ഉള്ളൂ അതിന് തിരക്കില്ല ഇത് ലോകത്തുള്ള വിഷയങ്ങളൊക്കെ തലയിൽ കയറ്റിവെച്ചിട്ട് അതിൻ്റെ സംഘർഷത്തിൽപ്പെട്ട് അച്ഛനെയും അമ്മയെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ ഒരു ഭാഗത്ത് പഠിക്കാൻ പോവുക പഠിക്കുന്നതിനിടയിൽ വേറെ നൂറായിരം കാര്യങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെയായി ചെയ്ത് ്രഹ്മത്തിൽ ചരിയയില്ലാതെ നിന്നുകൊണ്ട് എന്തൊക്കെയോ വലിച്ചു വാരി കയറ്റുന്നു ഇതെല്ലാം കൂടെ കൂടി അവിയൽ പരുവത്തിൽ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞ് തലയിൽ കയറി അവസാനം ഇറങ്ങിയാൽ ഒരു കോമൺ സെൻസും ഇല്ലാത്ത ജീവിതം പഠിച്ചിട്ട് വന്നവനോട് ചോദിച്ചു നോക്കിയേ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജോലി കൊടുത്ത് നോക്കി രണ്ടാമത് പഠിച്ച് പ്രപ്പയർ ചെയ്ത് നോട്ട് കുറിച്ച് പലപ്പോഴും അതുകൊണ്ട് വായിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അതിന്ന് സംശയം ചോദിച്ചാൽ പറയൂ അത് റിസർച്ച് ചെയ്തവൻ്റെ പേപ്പറിലായിരിക്കുന്നത് മുഴുവൻ നമുക്കറിയില്ല പരീക്ഷയ്ക്ക് കാണാൻ പഠിച്ചിട്ട് എഴുതിക്കോളാം അമ്മ റൈറ്റ് അമയ റൈറ്റ് ഏ അത്രേ ഉള്ളത് ഇതിനാ ഒരു ജന്മം പാഴാക്കുന്നത് ശ്രുതി അധിഷ്ഠിതവും സ്മൃത്യധിഷ്ഠിതവുമായത് പഠിക്കുന്നത് ബ്രഹ്മചര്യേണ തപസ അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോഴും സംശയം ഉണ്ടാവും ഏതിൽ വേദങ്ങളിൽ ആ സംശയ നിവാരണത്തിന് പ്രമാണഭൂതങ്ങളായിരിക്കുന്ന ഉപനിഷത്തുകളിലൂടെ ബ്രഹ്മസൂത്രത്തിലൂടെ ഗീതയിലൂടെ ഒക്കെ ആചാര്യൻ കൂട്ടിക്കൊണ്ടുപോകാം സംശയങ്ങൾ തീർക്കാൻ അർത്ഥവാദപരങ്ങളും മറ്റും ആയിരിക്കുന്ന വേദവിഷയങ്ങളിലുള്ള വായിക്കുമ്പോൾ പരസ്പര വിരോധികൾ തോന്നുന്ന സംശയം ജനിപ്പിക്കുന്നവയെ മാറ്റുന്നതിനാണ് ബ്രഹ്മമീമാംസയെ പഠിപ്പിക്കുന്നത് അത് തീർന്നിട്ടാണ് ശാന്തി ഉണ്ടാകുന്നത് അതിൻ്റെ പ്രായോഗികതയാണ് യജ്ഞരൂപമായ ജീവിതം ജീവിതത്തെ യജ്ഞരൂപമായി സ്വീകരിച്ച് ശാന്തമായി അങ്ങനെ പഠിച്ചുറച്ച് അങ്ങ് പോകുമ്പോൾ ലോകങ്ങളൊക്കെ വേഗം വേഗം കിടന്നു പോകും ഗുരുലോകവും ഭൂർലോകവും മഹാലോകവും ഒക്കെയും കിടന്ന് സത്യലോകവും കിടന്ന് പിതൃപിതാമഹന്മാർ കടന്നുപോയ ലോകങ്ങളിലൂടെ ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ പുറംപോക്കിലൊരു കുടിലുകെട്ടി താമസിക്കേണ്ടിയും വരും ക്ഷീണയെ പുണ്യെ മർദ്ധ്യലോകം വിശന്തി ഇതായതിൻ്റെ വഴി ഇതിൻ്റെ പന്ഥാവതാണ് നന്യ പന്ഥാ വിദ്യദേശ വളരെ ഉറപ്പിച്ചാണ് അത്യന്ത ആധുനികമായൊരു കാലഘട്ടത്തിൽ ജീവിച്ച് അദ്വൈതാനുഭവത്തെ നിതരാം വെളിവാക്കിത്തരുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്താണെങ്കിൽ ആത്മോപദേശതകത്തിൽ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം എന്നതിൻ്റെ പ്രയോഗത്തെ സൂചിപ്പിച്ചിട്ട് അറിവും അറിഞ്ഞിടും അർത്ഥവും പുമന്തറിവും ഒരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങും അം മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടേണം ഇതൊക്കെ എഴുതിയ ഗുരുവിനെ കേരളീയരറിയുമോ രാഷ്ട്രീയക്കാർ വന്ന് സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരു എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തെ എങ്ങനെയാണ് അദ്ദേഹം പരിഷ്കരിച്ചത് ഒക്കെ ആലോചിച്ച് നോക്കുന്നത് രസകരമാണ് പതിനെട്ട് തൊണ തീരും തൊണ തീർന്നേക്കും അല്ലേ ഏ പരാതി മാറിയേക്കും മുന്നേ കിടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ ീടുമാവരണമം തിര നിക്കിടുന്നു പിന്നീട് കാണുമറിവും പ്രബതന്റെ പിൻപോയി കണ്ണെന്ന പോലറിവു കാണുകയില്ലതാനെ മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തി മുന്നിൽ പിന്നീടുമാവരണമം തിര നിക്കിടുന്നു പിന്നീടുകാണുമറിവും പ്രഭൻറെ പിൻപോയി കണ്ണെന്നപോലറിവുകാണുകയില്ലതാനെ വൃത്തി വൃത്തിസ്ഥമാ അറിവ് വൃത്തിയിലാണ് അറിവുണ്ടാകുന്നത് അതിൻ്റെ പ്രക്രിയ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെ അത് കുട്ടിക്കാലത്ത് നോക്കിയറിയാം കുട്ടികൾ ഓരോന്ന് കാണുമ്പോഴും ചോദിക്കും അതെന്താ കുറച്ച് കഴിയുമ്പം മടുക്കും അപ്പോൾ അവനെ അതോടെയാണ് അവൻ്റെ വൃത്തിക്ക് മാറ്റം വരുന്നു ചില കുട്ടികളതോടെ നിഷ്ക്രിയരും നിശബ്ദരുമായി മാറും അവനിൽ സംജാതമാകുന്ന ആയിരമായിരം വൃത്തികൾ പെരുകി വരുമ്പോൾ അതിനെ അങ്ങ് അടിച്ചൊതുങ്ങ വൃത്തി സൗമ്യമായി വേണം ഒതുങ്ങാൻ വിഷയങ്ങളെ അറിയുന്നത് വൃത്തി വഴിയാണ് ഇതം വൃത്തി മുതൽ അഹംവൃത്തി വരെയാണ് അറിവ് എല്ലാ അറിവും ഉറച്ചു നിൽക്കുന്നത് ഇതം വൃത്തി എന്നറിയപ്പെടുന്ന വിഷയവൃത്തിയിൽ അഹംവൃത്തി എന്നറിയപ്പെടുന്ന തന്നെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതിനിടയിൽ വിട്ടുപോയാൽ വിസ്മൃതിയിലാവും അനുനിമിഷം ഒരാളുടെ കണ്ണിന് മുമ്പിൽ കോടാനുകൂടി ദൃശ്യങ്ങൾ ഒരാളുടെ ചെവിയുടെ അടുത്തേക്ക് കോടാനുകൂടി ശബ്ദങ്ങളാവരുന്നത് ഒരാളുടെ തൊലിയിൽ ൂടി സ്പർശമാ നടക്കുന്ന ഓരോ നിമിഷം അവയൊന്നും എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ഏത് രജിസ്റ്റർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് വൃത്തിയാണ് വാസനയാണ് ഇതം എന്ന പേരിൽ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായി ഉണ്ടാകുന്ന വിഭിന്നങ്ങളായ കോടാനുകോടി വൃത്തികളിൽ പൂർവവാസനയാങ്ങോ മറന്നുപോയ പോലെ ആയിരം പശുക്കുട്ടികൾ മേയുന്ന സ്ഥലത്തുനിന്ന് തള്ളപ്പശു തൻ്റെ കുട്ടിയെ നക്കുന്നത് പോലെ ആയിരക്കണക്കിന് കറവയുള്ള പശുക്കളുടെ ഇടയിൽ നിൽക്കുന്ന കുട്ടി തൻ്റെ തള്ളയുടെ അകിട് നോക്കി കുടിക്കുന്നത് വാസനകൾ സൂക്ഷ്മ ശരീരത്തോടും കാരണശരീരത്തോടും താതത്മ്യം പ്രാപിച്ച് അധ്യസിച്ച് നിൽക്കുന്നൊരു വേളയിൽ വാസനാമയമായ ബോധം കൃത്യമായി ഇതമെന്നാരംഭിച്ച വൃത്തിയെ മനോവൃത്തിയും ബുദ്ധിവൃത്തിയും അഹംവൃത്തിയുമായി പരിണമിപ്പിച്ച് സ്വന്തമാക്കുമ്പോഴുണ്ടാകുന്ന മമതാഭിമാനങ്ങളാണ് അവൻ്റെ വിശ്വമെന്നറിയപ്പെടുന്നു അങ്ങനെ ഞാനും നിങ്ങളും ോ വിശ്വം ഉണ്ടാക്കി നമ്മിൽ നിന്നുണ്ടായ വിശ്വത്തിൽ കയറിക്കൂടി അതിനകത്ത് രാജാവായി കഴിയുക അതിനാരെങ്കിലും കോട്ടം വരുത്തുമെന്നോ അതിൻ്റെ അതിർത്തി മാന്തുമെന്നോ അതിൽ കയറി നമ്മെ ആക്രമിക്കുമെന്നോ നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന ഭാവഹാവാദികൾക്ക് ഭംഗം വരുത്തുമെന്നോ നമ്മൾ മാനസികമായും ശാരീരികമായും ഉണ്ടാക്കിയിരിക്കുന്ന എന്തിനെങ്കിലും കോട്ടം വരുത്തുമെന്നോ തോന്നുന്ന മാത്രയിൽ നമ്മൾ സർവായുധങ്ങളോടും കൂടി ചാടും ഇതാണ് ഈ ലോകത്ത് കാണുന്നത് ഒരു മാറ്റവും ഉണ്ടാവില്ല ഇതിൻ്റെ അകത്തുനിന്ന് തലയൂരുക ഇത് തോന്നുക ഇങ്ങനെയാണ് എൻ്റെ ലോകം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അതിൻ്റെ ചക്രവർത്തിയാണ് ഞാനെന്നും എന്ന് പറഞ്ഞാൽ ചക്രത്തിൽ വർത്തിക്കുക ഈ വൃത്തികളിൽ ചക്രാകാരേണ വർത്തിക്കുക ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ വലിയ ഗ്രേവന്മാരാണെന്നാണ് പക്ഷെ ഈ ചക്രത്തിലായി വർത്തിക്കുന്നത് അതിനിടയിലാണ് വേറൊരുത്തൻ വന്ന് നമ്മുടേതാണെന്ന് വിചാരിക്കുന്ന ഭൂമിയുടെ അരിവൊക്കെ വാന്താൻ പോകുന്നു പിന്നെ വളരെ ഭാഗ്യമുണ്ടെങ്കിലാണ് ത്രൈലോക്കാധിപതിയായ ഈ ചക്രവർത്തി പൂർവപുണ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ന പ്രമാണത്തിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും പക്ഷെ നമ്മൾ ചക്രവർത്തിയായിട്ടൊക്കെ എങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ മൂന്നടിയേ ചോദിക്കുള്ളൂ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും ഗുരുവായൂർത്തി അവൻ നമ്മുടെ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയുമായി അഹമ്മമതകളോടുകൂടി ശരീര സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും കാരണശരീരത്തിലും അധ്യസിച്ച് അതിൻ്റെ അധ്യാസത്തിൻ്റെ പ്രക്രിയ ഓർത്തിരിക്കണം ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീരം ഓരോ ഇന്ദ്രിയത്തിൻ്റെ അനുഭവം കൊണ്ടാണ് സ്ഥൂല ശരീരം ഉണ്ടെന്നറിയുന്നത് എന്നെ തൊട്ടു ഞാൻ കണ്ടു അതിൻ്റെയൊക്കെ സുഖ അനുഭവിക്കുന്നത് സ്ഥൂല ശരീരത്തിലാണ് സൂര്യനസ്തമിച്ച് ചന്ദ്രനസ്തമിച്ച് അഗ്നി കെട്ടടങ്ങി വാക്ക് പിൻവാങ്ങി കയറിക്കിടന്നുറങ്ങിയാൽ ആത്മപ്രകാശത്തിൽ മനസ്സ് തന്നെ വലതായിത്തീരുക എന്ന വിഭൂതിയെ കൺ കൈക്കൊണ്ടിട്ട് കണ്ടത് കാണുകയും കേട്ടത് കേൾക്കുകയും അനുഭവിച്ചത് അനുഭവിക്കുകയും കണ്ടതും കാണാത്തതും കേ വെച്ച് കാണുകയും കേട്ടതും കേൾക്കാത്തതും ചേർത്തു വെച്ച് കേൾക്കുകയും അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തു വെച്ച് അനുഭവിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ശരീരത്തിൻ്റെ അത് വാസന ഉത്ബുദ്ധം ആണ് ഉത്ബുദ്ധ വാസനകൾ സജീവങ്ങളാകുമ്പോൾ മനസ്സ് തന്നെ കാടായും മനസ്സ് തന്നെ സിംഹമായും മനസ്സ് തന്നെ സുന്ദരിയായും മനസ്സ് തന്നെ നിങ്ങളായും ഒക്കെ ഭ്രമിക്കും ശങ്കരൻ വേദാന്ത കേസരിയിൽ പച്ചക്കിയാണ് പറയുക സൃഷ്ടി സങ്കല്പത്തിൽ നിന്നാണ് എന്നതിന് തെളിവായി പറയുമ്പോൾ കട്ടിലേക്ക് കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കൂടെ സ്ത്രീ കിടപ്പില്ല സങ്കല്പത്തിലാണ് കിടക്കുന്നത് അവളോടൊപ്പം രമിക്കുന്നതും നിങ്ങളുടെ ഉത്ബുദ്ധവാസനയിലാണ് പക്ഷേ രാവിലെ ഏക്കുമ്പോൾ നിങ്ങളുടെ മുണ്ട് നനഞ്ഞിരിക്കുന്നത് ഉത്ബുദ്ധവാസനയിലല്ല പ്രപഞ്ചത്തിലാണ് അതുകൊണ്ട് സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടി മുഴുവൻ സങ്കല്പപ്രഭവമാണ് ഈ വിശ്വം ഇല്ലാത്തത് എങ്ങനെ ഉണ്ടാവും എന്ന ചോദ്യത്തിന് ഇല്ലാത്ത സ്ത്രീ ഇല്ലാത്ത സംഘം അതുകൊണ്ട് ഉത്ബുദ്ധങ്ങളായ വാസനകളുടെ സ്വപ്ന ശരീര താതാത്മ്യാധ്യാസം എന്തെന്ത്യാസങ്ങളാണ് ആധുനിക മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പഠിപ്പെല്ലാം പഠിച്ച് സ്വപ്ന ശരീര താതാത്മ്യാധ്യാസമാണ് മകനും മകളും ഒക്കെ അമേരിക്കയിലാണ് സ്വപ്നത്തിൽ അപായസം കുടിക്കുന്നത് ഓണത്തിന് മനസ്സിലായില്ല സ്വപ്നത്തിലേ കുടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരുപാട് ജന്മങ്ങളുണ്ടാവും പഴയ ആളുകൾക്കറിയായിരുന്നു ഈ വാസന തീരണം എന്നുണ്ടെങ്കിൽ സ്ഥൂല ശരീരത്തിൽ അങ്ങ് തീർക്കുകയും സ്വപ്നത്തിൽ അത് അറിവ് കൊണ്ട് തീർക്കുകയും ചെയ്യണമെന്നറിയാവുന്നതുകൊണ്ട് മക്കളെയൊക്കെ അടുക്കം നിർത്തി ഉള്ള പായസം കുടിക്കുക ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി സങ്കല്പത്തിൽ വീട് വെച്ചു സങ്കല്പത്തിൽ പറമ്പ് വാങ്ങിച്ചു സങ്കല്പത്തിൽ കൃഷി തുടങ്ങി സങ്കല്പത്തിൽ പശുവിനെ വാങ്ങി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മക്കളെ ഇതൊന്നും ചെയ്യാൻ മേലാത്ത കോട്ടും സൂട്ടുമൊക്കെ ഇടിച്ച് പഠിപ്പിച്ച് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞ് ഇതൊന്നും നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ നിലവിളിച്ച് നടക്കുക ജന്മവാസന അതിനെ പഠിപ്പിക്കേണ്ടത് വേറെ ആയിരുന്നു ശരിയല്ല രാവിലെ കപ്പയ്ക്ക് വെള്ളം കോരാൻ പോവാം പിള്ളേരെ കൊണ്ട് മുന്ത അത് വെള്ളം എടുത്ത് കോരിപ്പിക്കണം കിളപ്പിക്കണം അതൊക്കെ ചെയ്ത് സാൽമ്യം വന്ന ശരീരമാണെങ്കിൽ അവർക്ക് വെള്ളം കോരായിരിക്കാൻ പറ്റില്ല ഇപ്പം പണി കിട്ടിയാലും വെള്ളം കോരും മനസിലായില്ല പാത്രം തിപ്പിക്കണം രാവിലെ തള്ള തന്നെ ഇരുന്ന് കൂട്ടൊക്കെ വിരലിട്ട് ചില്ലിനകത്ത് വളർത്തിയിട്ട് ഇപ്പം അവർക്ക് കാപ്പി കളപ്പിക്കാൻ അറിയാൻ വേലി പണിക്കാരെ കിട്ടാനില്ലേ അതുകൊണ്ട് കെട്ടിയവനുമായിട്ട് വഴക്കാണ് എന്ന് പറഞ്ഞാൽ നടന്നാൽ ഒരു പ്രയോജനമില്ല തണ്ടി തിരിഞ്ഞ് തിരുവല്ലം കൊട്ടി കളക്കാം ദേഷ്യം മരുന്നുണ്ട് ഏ എൻ്റെ സമീപനം യാഥാർത്ഥ്യ ബോധത്തോടെ അല്ല ഏ എൻ്റെ സമീപനം അത്ര യാഥാർത്ഥ്യ ബോധത്തോടെയല്ല ഏ ആണോ അവിടെയായി പ്രശ്നം അതുകൊണ്ട് എന്തിനാണെന്ന് ആദ്യം ആലോചിക്കണം അതിന് സ്ഥൂല ശരീരത്തെ അറിയണം സൂക്ഷ്മ ശരീരത്തെ അറിയണം കാരണ ശരീരത്തെ അറിയണം പഴയ വല്യമ്മയ്ക്കും വല്ല്യപ്പനുമൊക്കെ അറിയാം സ്ഥൂല ശരീരം അറിയാം സൂക്ഷ്മശരീരം അറിയാം കാരണശരീരം അറിയാം അതിനനുസരിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനറിയാം അതിനനുസരിച്ച് ഉപശയം കൈകാര്യം ചെയ്യാനറിയാം അതിനനുസരിച്ച് ഔഷധമുണ്ടാക്കി കൊടുക്കാനറിയാം അതിന് വേറെ ആരെയും സമീപിക്കേണ്ട ഗതിയേടില്ല എല്ലാ സ്പെഷ്യലിസ്റ്റുകളെ സമീപിക്കുന്ന കാലമാണ് അവനുണ്ടോ ഈ ബന്ധമുള്ളൂ തള്ളതന്നെ വൈദ്യനാകുമ്പോഴാണ് ും കുഞ്ഞെന്ന വികാരം ഉണ്ടാവും എഴുത്തുകൊടുക്കുന്ന വിഷമാവരുന്ന് തീരുമാനിക്കും മനസിലായില്ല വേറെ തൻ പഠിച്ചു കഴിഞ്ഞാൽ പത്ത് ചുക്കാൻ കിട്ടുമോന്ന് നോക്കും അത് വിഷമായാലെന്ത് മറ്റുള്ളതായാലെന്ത് ആർക്ക് നഷ്ടം ലൈസൻസ് ഉണ്ടായാൽ മതി അതിന് പോരാ മനുഷ്യ പാരസ്പര്യങ്ങളുടെ അകക്കാമ്പ് അഴിച്ചറിയുന്ന ുടെലം ചെറുപ്പത്തിലറിയണം ഞാൻ എങ്ങനെയാണ് അധ്യസിക്കുന്നത് ഇന്ദ്രിയ ജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന സ്ഥൂല ശരീരത്തിന്റെ താതാത്മ്യ അധ്യാസം ഇന്ദ്രിയ ജനിത അനുഭവങ്ങൾ ഉണ്ടായി മറഞ്ഞുപോവില്ല കുറച്ച് മസ്തുലങ്കത്തില് സൂക്ഷ്മമായി കിടക്കും കണ്ടവനെ വിട്ടുപോവില്ല അവൻ്റെ വാക്കുകൾ വിട്ടുപോവില്ല അത് മസ്തിഷ്കത്തിൽ ബന്ധിക്കും അപ്പോൾ അവൻ ഭാവനയിലുണ്ടാവും എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ സദാ സൂക്ഷിച്ചു വെക്കുന്ന അവനും അവളുമെല്ലാം ആ താതാത്മ്യ സൂക്ഷ്മ ശരീരത്തിൻ്റെയാണ് സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന കാരണ ശരീര ഗാഠമായ സുഷുപ്തിയിലെ ബീജങ്ങളോടുകൂടിയ സുഖം വിഷയസുഖം ഈ മൂന്ന് സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നവൻ ഈശ്വരാനുഗ്രഹം ഹേതുവായി പ്രാംശുലഭ്യമായ ഫലത്തിങ്കൽ ഉൽബാഹുവായിരിക്കുന്ന വാമനെത്തി ഈ മൂന്ന് ലോകങ്ങളുവാങ് യോജിച്ചത് അങ്ങ് പിടിച്ചെടുത്താൽ ഗുരുതുല്യനായൻ അവൻ്റെ പാദാന്തികത്തിൽ തലയിരുന്നാൽ ആനന്ദമനുഭവമായി മാറും അസുരവൃത്തിയുടെ ആധുനിക ലോകങ്ങളെ പഠിപ്പിച്ച ഗുരു ഭയന്നു താൻ പഠിപ്പിച്ച വിദ്യ ഇതല്ല ഈ ലോകം ഉള്ളതാണെന്നും ഈ ലോകം വെട്ടിപ്പിടിപ്പിക്കണം പിടിക്കണമെന്നും ഇതൊക്കെ സ്വന്തമാക്കണമെന്നും പഠിപ്പിച്ചെടുത്ത് ഇതാ പുതിയൊരുത്തനൊരു ബ്രാഹ്മണൻ വന്ന് മൂന്ന് ചോട് യോജിക്കുമ്പോൾ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ മുഴുവൻ ആ പാദാന്തിയത്തിൽ അമർത്തി വിശ്വവ്യാപകമായ പാദത്തിങ്കൽ തലയൊളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവൻ മൂഢനാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞുകൊടുത്തു പിൻവാങ്ങണം ദാനത്തിൽ പറ്റില്ല അവസാനം പതുക്കെ ആ കിണ്ടിയുടെ വാലിൽ കയറിയിരുന്നു മനസ്സിലായില്ല അപ്പോഴാണ് ആ ദർഭം കൊണ്ടൊരു കുത്തു വെച്ചു കൊടുത്തു അതുകൊണ്ട് അന്ന് മുതൽ ഇന്നു വരെ ഭൗതിക ലോകത്തെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരെല്ലാം ഒറ്റക്കണ്ണന്മാരാണ് മനസ്സിലായില്ല ധനമെന്ന ഒറ്റ കണ്ണേ ഉള്ളൂ ധർമ്മമില്ല മോക്ഷത്തിൻ്റെ മൂന്നാം കണ്ണ് തുറക്കുന്നുമില്ല സർവം ഭസ്മീകരിക്കുന്ന മൂന്നാം കണ്ണ് തുറക്കുന്നുമില്ല ഇങ്ങനെ വിഷയ ലാവണ്യത്തിൽ മുഴുകി വിഷയച്ചയിൽപ്പെട്ട് നിൽക്കുമ്പോൾ ഈ വാസനകളെ മുഴുവൻ സംഹരിക്കുന്ന എൻ്റെ ഓണമൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു ഏ അല്ലേ കൽപ്പാത്തി നടപ്രഥമനും ഒക്കെ തരുന്ന പട്ടന്മാരുണ്ട് അവരോട് മേടി ചുണ്ടച്ച് ഒരല പോലും കണ്ടിക്കാതെ പായസം കൂട്ടി ചോറുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഏ ആ വീട്ടിലരിയൊന്നും വെച്ചിട്ടുമില്ല വളരെ സൗകര്യം ഗ്യാസും മേടിക്കണ്ട ഐഡൻറ്റിറ്റി കാർഡും കൊണ്ട കാണിക്കണ്ട ഒന്നും ചെയ്യണ്ട വീട്ടിൽ കൊണ്ടു തരും ഞണ്ണുക ഇല വലിച്ചെറിയുക ബസ് അല്ല പ്ലാസ്റ്റിക് വേണോ ഒറിജിനൽ വേണോ എന്നുള്ള സംശയം മാത്രം അതല്ല ഓണം ഓണത്തിലേക്ക് ഉയരുമ്പോൾ ഈ വാസനകളൊക്കെ അറ്റോ അതിൻ്റെ ആഘോഷം അതറിയുന്നത് വിഷയം പ്രതി ഓരോ വിഷയവും വൃത്തിയാണ് ഉണ്ടാക്കുന്നത് അവിടെ വൃത്തി ഓരോ വിഷയത്തിലും നിന്ന് അതിൻ്റെ മുമ്പിലാ വൃത്തിയാണ് നിൽക്കുന്നത് പ്രതിവിഷയം മുന്നിൽ നിൽക്കുകയാണ് എങ്ങനെയാണ് വൃത്തി വിഷയം ഉണ്ടാക്കുന്നത് ആഭരണമെന്ന മായ ആത്മാവിനെ മറച്ചാണ് വൃത്തി വിഷയത്തെ ഉണ്ടാക്കുന്നത് ആ ആവരണമെന്ന മറ നീക്കിയാൽ അത് കളയണം ആ മറ നീക്കിയാൽ പിന്നീട് കാണുമാറി വന്നു വൃത്തിയുണ്ടാക്കിയ മറ ജ്ഞാനം കൊണ്ട് നീക്കിയാൽ അപ്പോൾ അറിവ് മാത്രം പരമാർത്ഥമായത് അറിവ് മാത്രമാണെന്ന് ബുദ്ധിയും പ്രഭതൻ പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോൽ അറിവ് കാണുകയില്ലതാണ് കണ്ണുകൊണ്ടെല്ലാം കാണാം കണ്ണിനെ കാണനാവില്ല ഇതുപോലെ വിഷയങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്ന അറിവ് വിഷയം തോറും ഈ അറിവ് അസ്ഥിഭാതി പ്രിയ രൂപേണ കടന്നു ചെല്ലുന്നു ആ കാണുന്നതൊക്കെ അറിവിനെയാണെന്നറിയാതെ വിഷയത്തെ കാണുന്നു വിഷയങ്ങൾ ഉണ്ടാക്കിയ മറ നീങ്ങിയാൽ വിഷയം എന്നത് തന്നെ അറിവാണെന്ന് ബോധ്യമാകുന്നു അങ്ങനെ അറിവ് ആയിത്തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആവരണം തിരശ്ശീല അതിനെ മറയ്ക്കുന്നത് അതാദ്യം തന്നെ അങ്ങ് നീക്കണം മറ അത് നീക്കിയിട്ട് അറിവാകുന്ന സത്യം അപ്പോൾ വെളിപ്പെട്ടുവരും അപ്പോൾ വൃത്തിക്ക് അറിവിൻ്റെ വൃത്തി ജ്ഞാനാകാരവൃത്തി അതിന് വിഷയം ആവില്ലത് അങ്ങനെ വരുമ്പോൾ അതുമായി താതാത്മ്യം പ്രാപിക്കും അതായിത്തീരും കണ്ണിനെ കാണാൻ കണ്ണ് യോഗ്യമല്ലാത്തതുപോലെ അറിവ് അറിവിനെ കണ്ടനുഭവിക്കുകയല്ല അറിവായി തീരുകയാണ് ഈ അനുഭൂതിയാണ് ഗുരുദേവൻ പതിനെട്ടിൽ പറയുന്നത് പപ്പൻ പറഞ്ഞു കാണുന്നു കണ്ണിഹ തുറക്കിലടക്കിലം തൻ ിൽ മേവുമറിവിങ്ങുവരായികയാലേ ഞാൻ അമ്പുറത്തു തനിയേ വരികില്ല കണ്ണ് വേണം വരുന്നതിനു കണ്ണിനുകാന്തി പോലെ കാണുന്നു കണ്ണികതുറക്കിലടക്കിലന്ധൻ ുള്ളിൽ മേവുമറിവിങ്ങുവരായികയാലേ ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണ് വേണം വരുന്നതിനു കണ്ണിനു ഗാന്തി പോലെ കാണുന്നു കണ്ണ് ഇഹ തുറക്കിൽ ഇഹ തുറക്കിൽ ഇവിടെ കണ്ണു തുറന്നു വെച്ചാലേ കാണുക എന്ന അനുഭവം ഉണ്ടാവും കണ്ണടച്ചു വെച്ചാൽ കാണില്ല എന്ന് നമുക്കറിയാം കണ്ണ് അടക്കിൽ അന്ധൻ താൻ കണ്ണില്ലാത്തവനും കണ്ണടച്ചിരിക്കുന്നവനും ഭേദമില്ല കണ്ണടച്ചിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കണം കണ്ണു തുറന്നാൽ നിനക്ക് കാണാം വിഷുവിനൊക്കെ നിങ്ങളെ കണിയാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ കണ്ണടപ്പിച്ചാ കൊണ്ടുപോകുക അപ്പോൾ ഒന്നും കാണുകയല്ല വഴിയിൽ വീഴുവെന്നുള്ളതുകൊണ്ടാണ് അമ്മ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് നിങ്ങളെ പയ്യെ കണ്ണ് തുറന്ന് നടത്തിക്കൊണ്ടുപോയി അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോവെച്ച് കണ്ണൊക്കെ തുറന്ന് കാണിക്കുന്നത് കാരണം അതിലൊക്കെ പറയുന്നത് കണ്ണടച്ചാൽ കാണില്ല കണ്ണു തുറന്നാൽ ഈ വിശാല വിശ്വം മുഴുവൻ നിനക്ക് കാണാം ഈ വിശാല വിശ്വം മുഴുവൻ ആ മുമ്പിലിരിക്കുന്നതാണ് ആഹാരവും നീഹാരവും എല്ലാം അടങ്ങുന്ന എല്ലാ സാധനവും അവിടെ എല്ലാത്തിൻ്റെയും പ്രതിരൂപം അതെല്ലാം ുന്നത് കണ്ണാണ് ഈ കണ്ണ് നീ അതിൻ്റെ പിന്നിൽ കാണുന്ന ഈശ്വരൻ തന്നെയാണ് എന്ന് കാണിച്ചു അതുപോലെ കണ്ണു തുറന്നാൽ മാത്രം കാണാം കണ്ണടച്ചാൽ അന്ധനുമായി ഒരു വ്യത്യാസവുമില്ല ഒന്നും കാണില്ല ഉള്ളിൽമേവും അറിവിങ് വരായെങ്കിൽ ുള്ളിലിരിക്കുന്ന അറിവ് പ്രകടമായില്ലെങ്കിൽ ഇതൊന്നും കാണുക അതുകൊണ്ട് ഉള്ളിൽ മേവും അറിവിങ്ങുവരായികയാലേ അറിവ് വന്നാലാണ് കണ്ണു തുറക്കുന്നത് കണ്ണവിടെ ഉണ്ടായിട്ട് കാഴ്ച കിട്ടില്ല കണ്ണിൻ്റെ എല്ലാ ഭൗതിക ഭാഗങ്ങളും ഉണ്ടായിട്ടും കാണാത്തവരുണ്ട് കണ്ണ് കാണുന്നില്ല കണ്ണുണ്ട് അതിൻ്റെ ഒപ്റ്റിക് നർവുണ്ട് റെറ്റിനയുണ്ട് കോൺസുണ്ട് റോഡ് റോഡ്സുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ ഉണ്ടായാലും കാഴ്ചയുണ്ടാവണം എന്നില്ല കാണുക എന്ന പ്രക്രിയയ്ക്ക് ഒട്ടേറെ ബന്ധങ്ങൾ പലതുമായുണ്ട് കാഴ്ചയുണ്ടാകാൻ സെറിബ്രൽ കോർട്ടക്സും ഉണ്ട് അതിനും കുഴപ്പമില്ല സംബന്ധകം ഓ പ്രേരകമോ രണ്ടുമായ സെറിബ്രൽ കോർട്ടക്സുണ്ട് ഇതൊക്കെ അവിടെയുണ്ട് അതിൻ്റെ ഒന്നും പാർട്ടിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ കാഴ്ചയില്ല കാണമെങ്കിൽ കണ്ണിൻ്റെ ദേവത കൂടെ സമ്മതിക്കണം ഓരോ അവയവത്തിൻ്റെയും ഇൻ്റലിജൻസ് അതിനെയാണ് അതിൻ്റെ ദേവത എന്ന് പറയുന്നത് അതും സമഗ്രദേവതയുമായൊരു ആശയവിനിമയമുണ്ട് ഉണ്ട് പഴയ ആളുകൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ദേവതകൾ തമ്മിൽ പിണങ്ങുമോ എന്നാണ് പിണങ്ങുമെന്ന് തോന്നിയാൽ അതിൽ നിന്നുള്ള ഒരു വരുമാനവും വേണ്ട കാരണം ജനിച്ചാൽ നൂറ് ശരത്കാലം ജീവിക്കാം ദുഃഖമില്ല ജീവേമ ശരതശതം നൂറ്റി ഇരുപത് കൊല്ലം എന്നാണ് കണക്ക് കാരണം വിവാഹം കഴിക്കുമ്പോഴാണ് ശതം ജീവ എന്ന റിക്ക് പുണ്യാഹം രാജഹോമം സപ്തപതി പാണിഗ്രഹണമൊക്കെ കഴിഞ്ഞ് ശതം ജീവ എന്ന റിക്ക് അരുക്കില് നൂറ് ശരത്കാലം ജീവിക്കാനാണ് പറയുന്നത് ഈശവാസിയും പറയുന്നത് അങ്ങനെയാണ് കുറവൻ നേർമാണി ജി ജീവിഷം അതിനിടയിൽ എന്ത് കാരണത്താലും മരിക്കരുത് നമ്മളാദ്യം മഹാന്മാരെ സൃഷ്ടിച്ചിട്ട് പിന്നെ അവർ മരിക്കുമ്പോൾ ഈ വേദ സംഹിതകളൊക്കെ നമുക്ക് വ്യാ മാറ്റി വ്യാഖ്യാനിക്കേണ്ടി വരും വേദങ്ങൾ വളരെ ഉറപ്പിച്ചാണ് അതിൻ്റെ ഇടയിൽ എപ്പോൾ മരണം വരാൻ തുടങ്ങിയാലും മലയെടുത്ത് തടുത്തും അപ്പുറം കിടക്കണമാണ്സും സാമവും അഥർവുമെല്ലാം പൂർണ്ണബുദ്ധിയോടെ പൂർണ്ണ ജ്ഞാനത്തോടെ ജീവിച്ചിരിക്കണം എന്നാണ് എന്നിട്ട് വേണം വലിഞ്ഞു പോകാൻ നമ്മളൊക്കെ അങ്ങനെ ഇരിക്കുകയോ ഇരിക്കലോന്നും ഒരു നിശ്ചയമില്ല കാരണം നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടുത്തെ കാരണവർ വളരെ വിനയാന്യുതനായി തൊഴുന്നു ആളുകളെ വയസ്സെത്രയായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നൂറ് കടന്നു സാധാരണ ഹോട്ടല് നടത്തിയാൽ നൂറ് കിടക്കാറില്ല അമ്പതിനു മുമ്പ് തട്ടിപ്പൂ മരുന്ന് കച്ചവടം ഹോട്ടല് ഇതൊക്കെ ചെയ്താൽ നൂറൊന്നും കിടക്കുകയില്ല കാരണം അത്രയേറെ കൊസറക്കുള്ളികളൊക്കെ കാണിച്ചു വേണം ജീവിക്കാൻ അപ്പം മെല്ലെ അദ്ദേഹത്തോട് സൗമ്യമായി ചെന്നയാൾ ചോദിച്ചു ഇവിടം വരെ എങ്ങനെയായി എത്തിയത് അദ്ദേഹം അതിനുപയോഗിച്ച വാക്ക് ജീവിതശുദ്ധി എന്നാണ് ഹോട്ടലിലായതുകൊണ്ട് നമ്മളാരും അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം മാനേജ്മെൻ്റ് തിയറി ആയിട്ടൊക്കെ ഇറങ്ങി രണ്ട് ശ്ലോകവും ഒക്കെ ചൊല്ലി മൈക്കിലൂടെ പറഞ്ഞു പോയിരുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞാനേ ഞാനും അറിഞ്ഞാനെ അപ്പോ വേദം പറയുന്ന തലങ്ങളിലേക്കൊക്കെ എത്തണമെങ്കിൽ അതിചാരുവായി ജീവിക്കണം കണ്ണാടിയില്ലാതെയാണ് അദ്ദേഹം ബാക്കി എണ്ണി കൊടുക്കുന്നതും കണക്ക് കൂട്ടുന്നതും കണക്കെഴുതുന്നതും മുരളി കണ്ട പോലെ തലയായി മുരളി ഇങ്ങനൊരു തല കുളിക്കുകയാണ് അത് മുരളിക്ക് അറിയുന്ന ആളായിരിക്കണം എന്നില്ല ഞാനറിയത് അപ്പൊ എനിക്ക് പരിചയമുള്ള പോലെ മുരളിക്കും വേറൊരാളെ പരിചയമുണ്ട് അറ്റ്ലീസ്റ്റ് അപ്പൊ രണ്ടുപേരെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് വേറൊരു സ്ഥലത്തെയാണ് അദ്ദേഹത്തോട് എൻ്റെ കൂടെയുള്ള ആളൊരു ചോദ്യം ചോദിച്ചതാണ് അദ്ദേഹത്തോടാരും ചോദ്യം ചോദിച്ചതായിട്ട് എനിക്കറിയില്ല മറ്റേ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാ ഇങ്ങനെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം രണ്ടായി ഞാൻ പറഞ്ഞയാൾ തിരുവനന്തപുരത്തേക്കുള്ള വഴിയില്ല ആ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളും കൂടെ ഉണ്ട് അതാ ഇപ്പം ഇവർ പറഞ്ഞേ പരിചയപ്പെട്ടതിൽ സന്തോഷം കാരണം വേദം പറയുന്ന ആയുർ ദൈർഘ്യത്തിലേക്കൊക്കെ ഒരാൾ എത്തുമ്പോൾ ആരായിരുന്നാലും അയാൾക്ക് ജീവിതശുദ്ധി ഉണ്ടാവണം അപ്പോൾ അവരുടെ പേര് പറയുമ്പോൾ ബഹുമാനിക്കുന്നത് ഉചിതമാണ് കാരണം ആളുകൾ ക്ലേശമില്ലാത്ത ശരീരത്തോടും അനായാസേന മരണം അതൊക്കെ നമുക്ക് കിട്ടുമെന്ന് യാതൊരു നിശ്ചയമില്ല അതൊക്കെ പറയാനും എളുപ്പമാണ് അനായാസമായി മരണം വരിക ക്ലേശങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുക അതൊക്കെ ഈശ്വരാധീനമാണ് അതിന് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ദേവതകളും സ്വദേവതയും തമ്മിലുള്ളൊരു കരാർ ഉടമ്പടി തെറ്റുകൂടാതെ കൊണ്ടുപോകണം അതിന് ദേവതകളെ വെച്ച് കർമ്മത്തിൽ കളിക്കുമ്പോൾ കർമ്മരൂപം യജ്ഞരൂപമായിരിക്കണം അതിലുപരി പ്രതിഷിദ്ധങ്ങളും കർമ്മങ്ങളും അകർമ്മങ്ങളുമായവയെല്ലാം തിരിച്ചറിയണം റിയാതെയാണെങ്കിലും അങ്ങനെ ആയിരിക്കണം ജീവിതം അതുകൊണ്ട് കണ്ണ് കാണുന്നത് ഉള്ളുണരുമ്പോഴാണ് ഉള്ളിൽമേവും അറിവിങ്ങ് വരായികയാൽ കാണാൻ കഴിയുന്നില്ല വരുന്നതിന് കണ്ണു വേണം കണ്ണുണ്ടെങ്കിലേ അറിവ് വന്നിട്ടും കാര്യമുള്ളൂ അപ്പം കണ്ണും വേണം അറിവും വേണം ജ്ഞാനരഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നതിന് അതുപോലെ ദൃഢമായൊരു ഉത്കണ്ണു വേണം ആ ഉൾക്കണ്ണ് നന്നായിരുന്നാൽ ശ്രവണവേളയിൽ മായി ആ അറിവുണ്ടാവും അറിവുണ്ടാകാൻ ഉൾക്കണ്ണാണ് തുറക്കേണ്ടത് ഉൾക്കണ് ഉണ്ടായാൽ പോര കണ്ണിന് കാന്തി വേണം പ്രകാശം വേണം ഉൾക്കണ്ണ് തുറന്ന് പ്രകാശിക്കണം ഉൾക്കണ്ണുണ്ടാവുകയും തുറന്ന് പ്രകാശിക്കുകയും ുള്ളിൽമേവുന്ന അറിവ് വരികയും ചെയ്താൽ അജ്ഞാനിയിൽ നിന്ന് വ്യത്യസ്തമായി ആ കണ്ണു തുറന്നാൽ കാണും എല്ലായിടത്തും ഈശ്വരചൈതന്യത്തെ കാണും എല്ലായ്പ്പോഴും കാണും വളരെ ഭംഗിയായി ഇവിടെ കൊണ്ടെത്തിക്കുമ്പോൾ ഗുരുദേവൻ ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് ദീപിക എന്നാണ് ആ പ്രകാശം അദ്വൈത ദീപിക രണ്ടില്ലാത്ത പ്രകാശം ആത്മപ്രകാശം ആത്മപ്രകാശം കൊണ്ടാണ് അതിൻ്റെ അനുഭവം കൊണ്ടാണ് ഇതെല്ലാം ഭംഗ്യന്തരേണ പറഞ്ഞു അതുകൊണ്ട് ഗുരുദേവൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ഈ ഭൂമി ഭാരതം യോഗവിത്തുകളെ കൊണ്ടും ജ്ഞാനികളെ കൊണ്ടുമൊക്കെ രത്നഗർഭയാണ് എല്ലാ നല്ല ശീലങ്ങൾ കൊണ്ടും രത്നഗർഭയാണ് വൈദേശികമായ ഭ്രമവും വിഷയങ്ങളിലുള്ള അഭിരുചിയും കൊണ്ട് രത്നഗർഭയായ ഭാരതം ആസുരി വൃത്തിയുടെ അന്ധകാരത്തിലൂടെ വൈദേശിക ഭരണത്തിൻ്റെ നാനൂറ് വർഷം മെല്ലെ മെല്ല കിടന്നുപോയി അന്നുപോലും സംഭവിക്കാത്തത് ആ വിദ്യാഭ്യാസത്തിലൂടെ പൂർണമായ പരിശീലനം ലഭിച്ച ആധുനിക ഇന്ത്യ ഹിംസാത്മകമായി വീണ്ടും കടന്നു പോവുകയാണ് ഇത്തരുണത്തിൽ സമാധിസ്ഥരായ നമ്മുടെ പൂർവാചാര്യന്മാരുടെ വിശ്വവ്യാപകമായ ജ്ഞാനത്തിങ്കിലേക്ക് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഗുരുദേവ ഗുരുക്കന്മാരെ ഈ മണ്ണിൻ്റെ കളങ്കം തുടച്ചു മാറ്റുന്നത് വീണ്ടും വീണ്ടും അവതരിക്കണമേയും ഈ ധരയെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും സമുജ്വലതയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കളങ്കമറ്റ മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവത് സ്വരൂപങ്ങളെ നിങ്ങൾ ഈ ഏകത്ര അവതരിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്ന് അതിനായി കുനിഞ്ഞ ശിരസോടെ കുറ്റബോധത്തോടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാസനാമയങ്ങളെ തുടച്ചു നീക്കുന്നതിനു വേണ്ടി ഇനിയും ഗുരുദേവ സമാധി വരുമ്പോഴേക്ക് തയ്യാറെടുക്കാം ും അറിയാതെയും പല പ്രേരണ കൊണ്ടും സ്വപ്രേരണയാലും ചെയ്തു കൂട്ടുന്ന ആയിരമായിരം തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുവാനും സഹജീവികളോട് മര്യാദാമസൃണമായി പെരുമാറുവാനും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ജീവിക്കുവാനും ബലഹീനതയാകാത്ത സമുജ്വലമായ അറിവിൻ്റെ സഹിഷ്ണുത പൂർവന്മാർ കാട്ടിത്തന്ന വഴിയെ അനുഷ്ഠിച്ചു നീങ്ങുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവിന് വിപരീതമായി അരമണിക്കൂർ നേരത്തെ അരമണിക്കൂറില്ല ഇരുപത് മിനിറ്റ് നേരത്തെ ഞാൻ ഉപസംഹാരത്തിലേക്ക് കടക്കുക ഇവിടെ വരാൻ പാരമ്പര്യ പ്രണോദിതമായ അറിവിൻ്റെ മേതുരദീർഘങ്ങളായ രംഗങ്ങളിൽ വിഹരിച്ച അത്യുജ്വലനായ വാക്മി അനിതര സംഘാടകൻ അത്യുദാരനായ പിതാവ് മാതാവും വിളയാടിയ ഈ സംരംഭങ്ങളുടെയും ഇതിൻ്റെ ത്രിവിധങ്ങളായ ത്രീ ടയർ പ്രോദ്ഘാടകനും പ്രണേതാവുമായ പാരമ്പര്യ സംവിത്തായ സ്വാമി ചിന്മയാനന്ദജിയുടെ കേരളം അനേകം അനേകം മഹാനുഭാവന്മാരെ അതാത് കാലങ്ങളിൽ സംഭാവന ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ അറിവും അവരുടെയൊക്കെ വാക്ചാതുരിയും അവരുടെയൊക്കെ ജീവിത ദർശനങ്ങളും എത്രത്തോളം അനന്തര തലമുറകൾ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം കാര്യമാണ് അതിനെല്ലാം അപ്പുറം അവർ ചൊരിഞ്ഞിട്ട് പോയ പ്രകാശം ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഈ മണ്ണിൽ നിത്യമായി ശോഭിക്കുമെന്നുള്ളത് കൊണ്ട് ആത്മവിത്തുക്കളായ ആ ആചാര്യന്മാരെ എല്ലാം ഈ സമാധി ദിനത്തിൽ സ്മരിച്ചുകൊണ്ട് ഭാരതീയരുമഭാരതീയരുമായ ആത്മവേത്താക്കളെ വിശ്വവശ്യമായി ജീവിച്ച ഭാവാതീതന്മാരെ മുഴുവൻ സ്മരിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം തൊഴുന്നൻ ഗുരുവരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സദ്യമല്ലാതെയുണ്ട് പരമിതിലൊരു ദൈവം മറ്റനിക്കില്ല ഭർത്താൽ പരമശിവനദാചാര്യനെ കൈതൊഴുന്നൻ ഗംഗ സംഗീതമൗലിയിൽ ഭണികണം കൊണ്ടുള്ള മല്യങ്ങളും തുംഗശ്രീചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ ീന്ദ്രിക്കായിട്ടു നൽകിയിടുവൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനിക്കണത്തില് നിങ്ങളുമായി ഇത്രയും നേരം സംവദിച്ചു എനിക്കറിയുന്ന കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ അറിവ് പരിമിതമാണ് അതിൽ വന്നിട്ടുള്ള പാകപ്പിഴകളോ ശൈലി ഭംഗങ്ങളോ മറ്റു വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയൊന്നും വേണ്ട എന്നെ നിങ്ങൾക്ക് മാതൃകാപരമായി ശിക്ഷിക്കാം ഞാൻ പറഞ്ഞതിൽ നല്ലത് വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെയല്ല എൻ്റെ അച്ഛനമ്മമാരുടെയും പൂർവ്വാചാര്യന്മാരുടെയും മോസ്യത്തിൽ നിന്നാണ് ബഹുമാനം എപ്പോഴെങ്കിലും തോന്നിയാൽ അവരുടെ പാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും ആയിരിക്കും